ഹരി ഓ അന്തരായത്തിരുൂപാത ശാത്തപാവനം അചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തുന്തിലം മഹാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാത്തിമൂർത്തേ നമുത്തം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിന്വ വർണ്ണാന പുരുഷോ നസം സ്ത്രീ നാക്കാരം നമരണം നാസ്തി പുണ്യം നാപം തന്നോ തും സഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാര്യമധ്യമാ അസ്മദാര്യപര്യം വന്ദേ ഗുരുപരം പരാം മൗനവ്യാഖ്യകടരബ്രഹ്മത്തം യുവാനം വശിഷ്ടശിഗണൈരാമൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാ യാത്തനഗേന്ദ്രസംഘപവേ യോഗീന്ദ്രവ്യ മോഹധ്വാന്തതിവാ ഭഗവത്പാദിതിഭ്ര തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിമുട്ടോ നാഹം തദ്ധാത്മസദ്ഭാവത്ത ോഹം ഭാവയു കൂതോ വരധി ദൃഷ്ട്വാത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചല ശിവ പൂർണോ വിഭാതി സ്വയം അരുണോഭവ ചിത്തകുവിസാ രുചലസർ ഭൂസ്തി പ്രലീനമേതം ഹൃദ്യഹിത്മതയാ ഭോ തേ വൃദയം നാമ അഹമിതി ഗു ആയാന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയം അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലിനീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസ്യയൻ പശ്യതി യോഗീദീധിതിരുണാചലി മഹീയം തേ ർപ്പമനസം പശ്യൻ സർവൃതിയാതും ഭജത്തെ അനന്യീത്യാസയരുണാ ചല ഖേ മഗ്നഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രംമഹമിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വൻവതമ പവനചല രുധാത്മനിഷോ യജ്ജ്ജാതം ജഗത്സം യലീയതേദം ധാരയത്തെ ചൈവ തസ്മൈ ജാനത്മനേനമഹം പ്രജ്ഞാതൈരചരണി കിർവ്യപ്യലോകാൻ ഭുക്ോൻ സ്ഥവിഷ്ടാൻ പുനരപണോഭാസിതാൻ കാമജനിയൻ പീത്ത സർവാൻ വിശേഷാൻ സ്വപിതി മധുരപുങ് മാ ഭോജയന്നയാസ്യത്തുരീയം പരം അമൃതം അജം ബ്രഹ്മയത്തന്നോസ് प्रवर्तकं പ്രവർത്തക കരുണാർനവമീടേതം രമണാഖ്യം അഹം പ്രാതസ്മരാമി ഹൃതി സംസ്ഫുരദാത്മത സച്ചിത്സുഖം പരമഹം സഗതിയം യത്സ്വ്നജാഗരസുഷുപ്തിമവൈതി നിത്യം തദ്മഹം നൂതസംഗർഭമി മനസാ अगम्यं वाचो അഗമ്യം വാചോ വിഭാഗി നിഖി യദനുഗ്രഹേണ निगमा നേതി വചനൈ നിഗമാ അവോചൻ തം ദമജമുത്തഹുരഗ്രാതർമാമസ പരമർക്കണം പൂർണ്ണം सनातनपदं പുരുഷോത്തമാക്കയം യസ്ിതം ജഗദശേഷമശേഷമൂത്തി എസ്മന്നിതം ജഗദശേഷമശേഷമൂതം രജ്വാംഭുജംഗമ പ്രതിഭാസിതം വൈ മൂന്ന് ശ്ലോകം സാധാരണ മൂന്ന് ശ്ലോകമായിട്ട് ഉണ്ടാവാറില്ല അഞ്ച് ശ്ലോകം എട്ട് ശ്ലോകം അല്ലെങ്കിൽ ഒരു ശ്ലോകം ഇത് ശ്ലോകത്രയമാണ് ശ്ലോകത്തിന്റെ ആശയം നമ്മളുടെ ഉള്ളിൽ പതിഞ്ഞ് മനനം ചെയ്ത് നിതിധ്യാസനം ചെയ്ത് നിധിധ്യാസനം എന്ന് പറയുമ്പോൾ തന്നെ ധ്യാനം എന്നർത്ഥായി നിധിധ്യാസനം ചെയ്ത് അതിനെ സാക്ഷാത്തായിട്ട് എന്നുവെച്ചാൽ ഡയറക്റ്റായിട്ട് അനുഭവിക്കുക അതിന് ഒരു ടാബ്ലറ്റ് തരണ പോലെയാണ് ശ്ലോകം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ ടാബ്ലറ്റ് കഴിക്കുക അതുപോലെ അറിയാതെ ഉള്ളിൽ പോകുന്ന ഈ ശ്ലോകം ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തെളിയും അതിനാണ് ഈ ശ്ലോക രൂപത്തിലാക്കിയത് അത് മാത്രമല്ല ഡയറക്ട് ആയിട്ട് മനസ്സ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് അൺകോൺഷ്യസ് ആയിട്ട് ഉള്ളിൽ പതുക്കെ പതുക്കെ ഇറങ്ങണതാണ് എന്നും ഋഷികൾക്കറിയാം അതിന് ആഴം കൂടുതലുണ്ടാവും ആട്ടെ അപ്പോ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത് രാവിലെ നേരത്തെ ഉള്ള സമയത്തിനാണ് പ്രെന്ന് വെച്ചാൽ ബിഫോർ എന്നർത്ഥം പ്രഭാതം ഭാഹ എന്നുവെച്ച പ്രകാശം സൂര്യൻ ഉദിക്കൽ സൂര്യൻ ഉദിക്കുന്നതിന് ബിഫോർ ബിഫോർ ദ ഡോൺ അല്ലേ അതാണ് പ്രഭാതം ദോഷം എന്നുവെച്ചാൽ രാത്രി എന്നർത്ഥം ദോഷ പ്രദോഷം എന്ന് വെച്ചാൽ രാത്രിക്ക് മുമ്പ് പ്രി ഡിഗ്രി പ്രിഫേസ് അല്ലേ അതൊക്കെ ഇംഗ്ലീഷും സംസ്കൃതവും ഒരേ യൂസേജ് തന്നെ നോക്ക് പ്രീ പ്രീ പ്രീ ഡിഗ്രി പ്രിഫേസ് പ്രിലിമിനറി പ്രഭാതം പ്രദോഷം അപ്പോ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം ബ്രാഹ്മ മുഹൂർത്തം എന്ന് ചൊല്ലും നമ്മൾ ആ സമയത്തില് ബ്രഹ്മവിചാരം ചെയ്യണം അതിന് പല കാരണങ്ങൾ ഋഷികളൊക്കെ ആ സമയത്ത് ബ്രഹ്മവിചാരം ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അനുകൂലമാണ് ആ സമയം സന്ധിസ്ഥാനങ്ങളൊക്കെ തന്നെ അനുകൂലമാണ് എന്നുവെച്ചാൽ കൺജങ്ഷൻ രാത്രിയും പകലും കൂടി ചേരുന്ന സന്ധിയാണല്ലോ അത് അപ്പൊ ആ സന്ധിസ്ഥാനങ്ങളൊക്കെ തന്നെ അനുകൂലമാണ് പിന്നെ പല കാരണങ്ങളുണ്ട് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിനെ പറയാൻ ഇന്ന് മോഡേൺ ലോജിക് കൊണ്ട് ചിലരൊക്കെ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ രാത്രിയാണെങ്കിൽ അമേരിക്കയിൽ പകലല്ലേ നോങ്ങി അമേരിക്കയൊന്നും നിങ്ങൾക്ക് ഈശ്വരനായിട്ട് അറിയിച്ചില്ലല്ലോ നിങ്ങൾ അറിയണതല്ലേ നിങ്ങൾക്ക് എന്താണോ അതെടുത്താൽ മതി അമേരിക്കയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രഭാതം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഭാതം നിങ്ങൾ അമേരിക്കയിലത്തെ കാര്യമൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഈ പ്രഭാത ബ്രാഹ്മ മുഹൂർത്ത സമയത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഉള്ള കാരണം എക്സ്റ്റേണൽ ടൈം വെച്ചുകൊണ്ട് മാത്രമല്ല ദാറ്റ് ഈസ് ദ ടൈം വെൻ യു കം ഔട്ട് ഓഫ് ഡീപ്പ് സ്ലീപ്പ് അതാണ് അതിലൊരു മുഖ്യ കാരണം നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളവർക്ക് അത് ബാധകാവിലിയായിരിക്കും കാരണം നേരം വിളിച്ചായിരുന്നു ഉറക്കം തൂങ്ങുമല്ലോ അപ്പോ രാത്രി നേരെ ചൊവ്വ ഉറങ്ങി എഴുന്നേക്കുന്ന ആളുകളെയാണ് നമ്മൾ മനുഷ്യരുടെ കൂടെ കൂട്ടിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് വേറെ പേരുണ്ട് നിശാചരാഹന്ന് പേര് ഈ സമ്പ്രദായമൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ് ഇതൊക്കെ ആർഷമല്ലാത്ത നമ്മളെ ദുഷിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സമ്പ്രദായാണ് അതിനൊക്കെ നമ്മൾ വഴങ്ങി കൊടുത്തിട്ട് അമേരിക്കക്കാരൻ പൈസ തരണോ ആഫ്രിക്കക്കാരൻ പൈസ തരണ എന്ന് പറഞ്ഞിട്ട് വഴങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാണ് ഈ സമ്പ്രദായമൊക്കെ എല്ലാവരും കൂടെ കൂട്ടമായി എന്തിനൊക്കെയോ സമരം ചെയ്യണമല്ലോ ഇതിനൊക്കെ എതിരെ സമരം ചെയ്യണം ആ അഞ്ചു മണിക്ക് ശേഷം വൈകുന്നേരം ജോലി ചെയ്യില്ലാകണം നാലുമണിയേ പാടുള്ളൂ പണ്ട് ടെൻ ടു ഫോർ ആണ് മനുഷ്യൻ ജോലി ചെയ്യാൻ വേണ്ടി ജനിച്ചവനൊന്നുമല്ല ആദ്യം ഈ തലയിലുള്ള മാറാലൊക്കെ കൂടെ അടിച്ചു നീക്കണം അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഉണഴിക്കാൻ വേണ്ടി അധ്വാനിക്കണമെന്നേ അർത്ഥമുള്ളൂ കുരുവികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അധ്വാനിക്കണില്ലേ അതുപോലെ ശരീര നിർവഹണത്തിന് അവനവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നല്ലാതെ അധ്വാനിക്കണമെന്ന് പറഞ്ഞ് രാവും പകലും പണിയെടുത്ത് ലോകത്തിനെ നശിപ്പിച്ചിരിക്കുകയാണ് നമ്മളിപ്പോ അല്ലെ നമ്മളുടെ അധ്വാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല നാശം മാത്രമേ പ്രയോജനമുള്ളൂ പ്രകൃതി എന്തൊക്കെ സുന്ദരമാക്കുന്നു അതൊക്കെ നമ്മൾ നമ്മളുടെ അധ്വാനം കൊണ്ട് നശിപ്പിക്കണം പ്രകൃതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല നശിപ്പിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ പ്രകൃതി സമുദ്രജലത്തിനെ സൂര്യപ്രകാശം കൊണ്ട് കുടിച്ച് ശുദ്ധമാക്കി നിർമ്മല നദിയായിട്ട് ഒഴുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ അധ്വാനം കൊണ്ട് അതിൽ ഡ്രെയിനേജ് കൊണ്ടുപോയി കലക്കണം ഇത്രയല്ലേ ചെയ്യുള്ളൂ നമ്മൾ നമ്മളുടെ സിവിലൈസേഷൻ കൊണ്ട് പ്രകൃതിയുടെ പരിശുദ്ധിയെ നശിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇറ്റ് ഷോസ് ദാറ്റ് യുവർ എഫേർട്ട് springs from ignorance. ഇതൊക്കെ നേരെ വിപരീതമായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ പറയണത് സാധാരണ നിങ്ങൾ ലോകത്തിൽ കേട്ടിരിക്കുന്നത് മുഴുവൻ അധ്വാനിക്കുക ലോകത്തിൽ മുൻപിൽ വരിക ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാവുക എല്ലാരേക്കാളും വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുക മഹാത്മാഗാന്ധി പറഞ്ഞത് എങ്ങനെയാണ് ഇന്ത്യ സ്കൂളുകളില്ലാത്ത ഭാരതം ഒന്ന് ആലോചിച്ചു നോക്കൂ ഗാന്ധിയെ നെഹ്റു അടക്കം പറഞ്ഞു ഏറ്റവും അപ്രായോഗികമായ ആശയങ്ങളാണ് അദ്ദേഹം വിളിച്ചു എന്നാണ് ആസ്പത്രികളില്ലാത്ത ഭാരതം ആസ്പത്രിക്കാർ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ആസ്പത്രികളില്ലാത്ത ഭാരതം സ്കൂളുകളില്ലാത്ത ഭാരതം വലിയ വലിയ ഫാക്ടറികളും ഭാരതം അപ്പോ എല്ലാരും പറഞ്ഞു ഇദ്ദേഹം വെഡ്ഡിത്തും വിളിച്ചു പറയുകയാണ് ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എത്ര കണ്ട് ആസ്പത്രികൾ വരണോ അത്ര കണ്ട് നിങ്ങൾ രോഗങ്ങൾ സിംഗേരി ആചാര്യ പറഞ്ഞു അവർ ആശുപത്രി തുടങ്ങി അപ്പോ അദ്ദേഹത്തിന് അനുഗ്രഹ ഭാഷണത്തിന് വിളിച്ചപ്പോ അവിടെ പോയപ്പോ പറഞ്ഞു ഞാൻ എന്ത് അനുഗ്രഹിക്കും ആശുപത്രി നന്നായിട്ട് നടക്കട്ടെ എന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ അപ്പൊ ധാരാളം രോഗികൾ ഉണ്ടാവട്ടെ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ആശീർവദിച്ചതാവും വരുന്നവരെയൊക്കെ നല്ലവണ്ണം ചികിത്സിച്ച് ഇനി അവർക്ക് മഹാരോഗങ്ങളൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ചികിത്സിച്ച് അയ അയക്കാൻ നിങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം തോന്നുന്നു സ്കൂളുകൾ ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളാണ് വിദ്യാഭ്യാസം മനുഷ്യനെ ഒറിജിനൽ സോഴ്സ് ഓഫ് നോളജിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വിപരീതമാവും അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലല്ല എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ ട്രെയിൻ എങ്ങനെ കമിഴ്ന്ന് വീഴുമ്പോ അതിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണമെന്നതിനും രക്ഷപ്പെടേണ്ടെന്ന് ആഗ്രഹിക്കുന്നതിനൊക്കെ ഒന്നിച്ചു പോകും അതാണ് സമൂഹത്തിന്റെ ഉള്ളിലുള്ള സ്ഥിതി ഇത് ഈ പറയാൻ കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിരുകവിഞ്ഞ് നമ്മളുടെ എഫേർട്ടിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ ചെയ്ത് കഴി തീർക്കാൻ പറ്റുമെന്നുള്ളൊരു ഭ്രമം ഒരു ഇല്ലൂഷറി തോട്ടുണ്ട് അധ്വാനിക്കുന്ന ഞാൻ ഒരു വലിയ ആളാണെന്നും വലിയ കാര്യമാണെന്നും നമ്മൾ നമ്മളുടെ കോൺഷ്യൻസിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് രാപ്പകലായി പണിയെടുക്കുന്നത് ഒരു പൂജ പോലെ ആദരവുള്ള ഒരു കാര്യമാണ് ലോകമംഗളകരമായ ഒരു കാര്യമാണെന്നൊക്കെ ധരിച്ചു നമുക്ക് പണിയെടുക്കാം പണിയെടുക്കുന്നത് തെറ്റില്ല നമുക്ക് കുറെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആരോഗ്യമുണ്ട് മനസ്സിനുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അതിനുവേണ്ടിയൊക്കെ ചെയ്യാം പക്ഷേ രാവുമില്ല പകലുമില്ല രാത്രിയുമില്ല ഉറക്കില്ല നമ്മളുടെ അനുഷ്ഠാനങ്ങളൊക്കെ പോകുന്നു നമുക്ക് സമാധാനം ഇല്ലാതാവുകയാണെങ്കിൽ അത് എന്ത് ജോലി എന്ത് അധ്വാനം നമ്മളുടെ ജീവിതത്തിൽ എന്തിനുവേണ്ടി ജോലി എടുക്കണം സുഖമായിട്ടിരിക്കാൻ ആ സുഖം ശാന്തി ഹാർമണി തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ ആ ജോലി എന്തിനു കൊള്ളും അപ്പോ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ ഉറക്കം വേദം പ്രാധാന്യം കൊടുക്കണത് ഊണ് കഴിക്കൽ ഉറക്കം ചര്യകള് മനുഷ്യന്റെ ഡെയിലി ലൈഫ് ഓർ ഫാമിലി ലൈഫ് കുട്ടികള് അവരുടെ ജീവിതം ഇതിനെയൊക്കെയാണ് വേദം പറയണത് ഇതൊക്കെ സ്പിരിച്വലായിട്ടാണ് വേദം പറയണത് നമ്മൾക്ക് സ്പിരിച്വാലിറ്റി മെഡിറ്റേഷൻ പൂജയിലൊക്കെയാണ് വേദം പറയണത് നിദ്ര കർമ്മം വ്യവഹാരങ്ങൾ ഇപ്പൊ വാചാ മനസാ മനസ്സ ഇന്ദ്രിയേർവ ബുദ്ധിയ ആത്മനാഭ പ്രകൃതി സ്വഭാവാത്ത് കരൂമി യദ്യത് ഇതൊക്കെ എപ്പോ ശരിയാവണോ അപ്പോഴേ നമ്മളുടെ അധ്യാത്മജീവിതം ശരിയാവുള്ളൂ ശരീരം കൊണ്ട് ചെയ്യണത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യണത് മനസ്സുകൊണ്ട് ചെയ്യണത് ബുദ്ധി കൊണ്ട് ചെയ്യണത് കാരണശരീരം കൊണ്ട് ചെയ്യുന്നത് അതാണ് ഓർക്കം ഇതൊക്കെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ പ്രകൃതിയുടെ ഉള്ളിൽ ഭംഗിയായിട്ട് നടന്നാൽ മാത്രമേ അവന്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ ആട്ടെ അപ്പോ അതിലാണ് നമുക്ക് ഈ പ്രാതസ്മരണ സ്തോത്രം നേരം വെളിച്ചായാൽ വെളിച്ചാവണതിന് മുമ്പ് തന്നെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ തയ്യാറെടുക്കുകയാണ് മായ സെന്ററിനെ പിടിച്ചുകൊണ്ടുവേണം ജീവിക്കാൻ ആ സെന്റർ എവിടെ ഇരിക്കണോ നമ്മളുടെ തന്നെ അന്തരംഗത്തില് നമ്മളുടെ ആഴങ്ങളില് ആ അനുഭൂതി കേന്ദ്രമുണ്ട് അതിനെയാണ് സ്മരാമി നേരത്തെ രാവിലെ സുഷുപ്തി കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ സ്മരിക്കുകയാണ് That's why you have a vague recollection of that divine presence you will have. Deep sleep is coming from deep sleep. That's why you have a deep sleep. That's why you have a deep sleep. If you have a disturbed sleep in any way, you have a disturbed sleep. സോ നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ മനസ്സ് ഹൃദയസ്ഥാനത്തിലേക്ക് പോയിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഉറങ്ങിയാലൊന്നും രാത്രി ഉറങ്ങണ അതിന്റെ സുഖം കിട്ടാത്തത് നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോള ഉച്ചയ്ക്ക് ഉറക്കമല്ല ഒരു ബോധക്കേട് മാത്രമാണ് അത് ഒരു പഴക്കം കൊണ്ട് നമ്മൾ കിടക്കുന്നല്ലാതെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തലവേദനയും വട്ടം കടക്കുമൊക്കെ ഉണ്ടാവും പലർക്കും ഇനിയിപ്പോ ചിലരൊക്കെ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും ആ ഉറക്കത്തിന് ആ ഡെപ്ത് ഉണ്ടാവില്ല വളരെ ക്ഷീണിച്ച് തളർന്നു പോയിട്ടൊക്കെ ഉറങ്ങിയാലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഉറക്കം ഉറക്കത്തിൽ തന്നെ നമുക്ക് ഈ ക്വാളിറ്റി വ്യത്യാസം കാണും നമ്മളുടെ ഉള്ളിലോ എന്തോ ഒരു മാജിക് നടക്കുന്നതിനെയാണ് നമ്മുടെ സ്ലീപ്പ് എന്ന് പറയണത് വളരെ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു സാധാരണ കർമ്മമാണല്ലോ ഉറക്കം അധിക സമയം അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ പക്ഷേ അതൊരു വളരെ വളരെ അദ്ഭുതമായൊരു കാര്യം ദിവസം നടക്കുന്നു കുറച്ചു നേരത്തേക്ക് നമ്മള് പ്രപഞ്ചവിഹീനരായിട്ട് ഇരിക്കുകയാണ് അല്ലേ അതാണല്ലോ ഇനി പറയേണ്ടത് പ്രപഞ്ചമില്ലാതെ പ്രപഞ്ചമോ ഞാനോ ഇല്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അധികം കാംഷണീയമായിട്ട് തീർന്നു അവിടെ വിട്ട് ഉണർന്ന് എന്റെ വ്യക്തിമണ്ഡലത്തിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് പ്രഭാദം എന്ന് പറഞ്ഞത് അപ്പോ സ്മരിക്കുകയാണ് പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം എന്റെ ഹൃദയത്തിൽ നല്ലവണ്ണം പ്രകാശിക്കുന്ന അപരോക്ഷമായിട്ട് പ്രകാശിക്കുന്ന അപരോക്ഷം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് എന്നർത്ഥം ഇപ്പോ ഇവിടെ അതിനാണ് അപരോക്ഷം എന്ന് പറയാം അത് ഡയറക്റ്റാണ് ഇൻഡയറക്റ്റ് അല്ല ഇമ്മീഡിയറ്റാണ് സച്ചിത് സുഖം പരമഹംസഗതിം തുരീയും അതിന്റെ സ്വരൂപം എന്താ സത്ത് ചിത്ത് സുഖം അതുണ്ട് അത് പ്രകാശിക്കുന്നു അത് ആനന്ദം ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് പരമഹംസന്മാരുടെ അനുഭവമാണ് പരമഹംസന്മാർ എന്ന് പറഞ്ഞാൽ ഈ അനുഭവമുള്ളവർ എന്നാണ് അർത്ഥം അല്ലാതെ ഒരു വേഷം കൊണ്ട് ആരും പരമഹംസനാവില്ല പരമഹംസന് പേര് വെച്ചാൽ പരമഹംസനാവില്ല ആർക്ക് ഈ ആത്മാനുഭവമുണ്ടോ അതും രാപ്പകലായിട്ടുണ്ടോ അൺ ഇന്റപ്റ്റഡ് ആയിട്ടുണ്ടോ അവിഛിന്നമായിട്ട് ഈ അനുഭവം ആരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ടോ അവരെ പരമഹംസാഹാഗവതം അതിനുള്ള പുസ്തകമാണ് അതുകൊണ്ടാണ് പരമഹംസ സംഹിത എന്ന് പേരതിന് പാരമഹംസ്യാം സംഹിതായം പരമഹംസന്മാരുടെ ജ്ഞാനമാണ് അത്രയായാലും പറയണത് എസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയത്തെ ശരിക്കും പറഞ്ഞാൽ ആത്മസാക്ഷാത്കാര ഉണ്ടായി അതിൽ നിഷ്ഠമാവാനായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ ജീവൻ മുക്തിക്കും ആത്മജ്ഞാനത്തിനും നടുവിലൊരു സ്ഥാനമുണ്ട് എന്നാണ് ജ്ഞാനികളുടെ തന്നെ വെർഷൻ ഒരു ഗ്ലിംസ് ഉണ്ടായി അതിൽ പൂർണ്ണമായി നിഷ്ഠമായിട്ടില്ല പക്ഷെ അദ്ദേഹം ജ്ഞാനിയാണ് അദ്ദേഹത്തിന് അറിയാം ആ അനുഭവത്തിൽ നിഷ്ഠമായാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് അത്രയും ഭാഗവതം നമുക്ക് ഭാഗവതം സർവ ആളുകളുടെയും പുസ്തകമാണ് പക്ഷെ ഭാഗവതം എല്ലാവർക്കും ഉപയോഗപ്പെടും കഥകളും സാധാരണ കാര്യങ്ങളും ഒക്കെ ഉണ്ടതിൽ അതുകൊണ്ടാണ് അതിന് എസ്മിൻ പാരമഹംസ്യമേക്കമലം ജ്ഞാനം പരംഗീയത്തെ പരമമായ ജ്ഞാനം പാരമഹംസ്യമായ ജ്ഞാനം അതിൽ പറയപ്പെടുന്നു നാരായണ ഗുരു സ്വാമിയൊക്കെ അവസാന കാലത്തെ എപ്പോഴും കയ്യിൽ ഭാഗവതം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഭാഗവതം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ് ഗ്രന്ഥങ്ങളൊന്നായിരുന്നു എന്താന്ന് വെച്ചാൽ പി എച്ച് ഡി സ്റ്റുഡൻസിന് ഗൈഡ് ചെയ്യുമ്പോ അവരുടെ വശം അറിയണമല്ലോ അതുപോലെയാണത് അപ്പോ പരമഹംസഗതിയും തുരീയം പരമഹംസന്മാരുടെ പൂർണ്ണ നിഷ്ഠ പരമഹംസന്മാർക്ക് ചെറുത് ചിലതൊക്കെ തീർക്കാനുണ്ടാവുന്നു എന്താ നാരായണ ഗുരുസ്വാമി പരുത്വാമലയിൽ ഇരിക്കുമ്പോൾ എഴുതിയതായിരിക്കണം ആ ശ്ലോകം സുബ്രഹ്മണ്യ സ്തോത്രമൊന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു നല്ലവണ്ണ എനിക്ക് ജ്ഞാനം തെളിഞ്ഞു സുസ്പഷ്ടമായ ഉള്ളിൽ പ്രകാശിച്ചു ഇനിയൊന്നും അറിയാനില്ല ഇനി കുറച്ച് വേല ബാക്കിയുണ്ട് എന്താ വേല എന്ന് വെച്ചാൽ തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിലാക്കുവാൻ എന്നുവെച്ചാൽ പൂർണ്ണമായും അതിൽ നിഷ്ഠമായിട്ട് ഇരിക്കണം പക്ഷേ ഒത്തിരി വാസനയുടെ ബലം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ലോകമംഗളത്തിന് ഉപകാരപ്പെട്ടു എന്ന് പറയുമെങ്കിലും പതഞ്ജലി പറയുന്നുണ്ട് ഉള്ളിലെ സമാധിക്ക് വിഘ്നം പുറമേക്ക് ലോകത്തിന് ഉപയോഗപ്പെടുന്നതാണ് യോഗിയുടെ ഉള്ളിലെ സമാധിക്ക് ഒരു വിഘ്നം വരുമ്പോ പുറമേക്ക് ലോകത്തിന് ഉപയോഗപ്പെടുത് സമാധൗ ഉപസർഗാഹ വ്യുത്ഥാനേ സിദ്ധയ എന്നാണ് അപ്പൊ അദ്ദേഹം ഒരു കരുണ വന്നു കാരുണ്യം ഒരു മഹാപുരുഷൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ കാരുണ്യം എന്നുള്ളത് ജ്ഞാനികൾക്ക് അടക്കാനേ പറ്റില്ല അത് ഈശ്വര സ്വരൂപമാണ് അതിനെ ജ്ഞാനികൾക്ക് പറ്റില്ല അത് ഈശ്വരന്റെ തന്നെ സ്വഭാവമാണ് പക്ഷേ എന്താണ് നിയമം വെച്ചാൽ കാരുണ്യം വരുന്നത് തെറ്റില്ല അതുകൊണ്ട് പ്രവൃത്തിയിലിറങ്ങാൻ പാടില്ല എന്നാണ് കാരുണ്യം ഇരുന്നാൽ തന്നെ മതി അതുകൊണ്ട് തന്നെ ലോകത്തിന് മംഗളുണ്ടാവും പക്ഷെ അതിനോടുകൂടെ ബുദ്ധി യോജിച്ച് പ്രവൃത്തി തുടങ്ങിയാൽ അപ്പോ പല കുഴപ്പങ്ങളും ഉണ്ടാക്കി ഉണ്ടായി വരും അതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല എന്തുകൊണ്ട് ഈ കുഴപ്പം ഉണ്ടായിരുന്നില്ല കാരുണ്യം കൊണ്ടല്ലേ ചെയ്തത് അതെ പക്ഷേ പ്രവൃത്തിയിലിറങ്ങുമ്പോ ലോകത്തിനെയും മറ്റുള്ളവരെയും കൂട്ടുപിടിക്കേണ്ടി വരുമല്ലോ അപ്പൊ അവരുടെയൊക്കെ ഒരു ഫോഴ്സ് വരും പരേക്ഷാപ്രാരബ്ധെന്ന് പറയും മറ്റു ആളുകൾ വരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടെ വന്നാൽ മതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങളുടേതല്ലാത്തതായ ഒരു ഫോഴ്സ് ജനറേറ്റഡ് ആവും ആ ഫോഴ്സിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളും ഉണ്ടാതിരുന്നാൽ മതി നിങ്ങൾ പക്ഷെ അനുകൂലിക്കുമ്പോ ഒരു മൂന്ന് നാല് പേര് കൂടെ ചേർന്നാൽ മതി ആ മൂന്ന് നാല് പേരുടെ പ്രാരബ്ധത്തിന്റെ ഒരു ഫോഴ്സ് ഉണ്ടായിട്ട് മധുകൈടപ്പന്മാരെ പോലെ മുമ്പിൽ വന്ന് നിൽക്കും ഈ നെഗറ്റിവിറ്റി ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഡിവിനിറ്റിയുടെ ഒരു ഭാഗമാണ് നെഗറ്റിവിറ്റി വിഷ്ണു ഒന്ന് ചെവി കുടഞ്ഞു അത്രയുള്ളൂ രണ്ടാൾ മുമ്പിൽ വന്നു സാക്ഷാത് നാരായണൻ കിടക്കുന്നിടത്ത് ഒന്ന് ചെവി കുടഞ്ഞതാണ് ഒന്ന് എടുത്തു രണ്ടാള് മുമ്പിൽ വന്ന് പരസ്പരം അടി കൂടാൻ തുടങ്ങി മധു കൈട്ടവ് അതൊക്കെ കഥകളൊക്കെ എന്താ അർത്ഥം അപ്പൊ കോൺഫ്ലിക്ട്സ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഫോഴ്സ് ഇവിടെ ഉണ്ട് നാരായണ ഗുരുസ്വാമി പറയണത് സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവളി അതിലാക്കുവാൻ അവിടെയാണ് പിന്നെ ആട്ടെ എന്നാണ് കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്നാണ് വെച്ചാൽ ഇപ്പൊ കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ അതിലിരിക്കണ്ട പിന്നെ ആട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ഠോത്തിഷ്ഠ ശീഘ്രം നദീൻ മുഴുകുവാൻ കാലമായി വന്നിപ്പോഴും കള്ളും കുടിച്ചിട്ടോ അല്ലെങ്കിൽ രോഗം പിടിച്ചിട്ടോ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യർക്ക് തിരിയൊന്ന് വഴി കാണിക്കാനുള്ള കാലമായിരുന്നു പക്ഷേ അവസാനമാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും വേണ്ടി ഉണ്ടായിരുന്നില്ല വിവേകാനന്ദ സ്വാമിയും പറഞ്ഞു അവസാനം പറഞ്ഞു ഇത് മുഴുവൻ വിഡിത്താണ് ജീവിതതെന്ന് പറഞ്ഞു സ്വാമി സ്വാമി ഗുരു ഇതൊക്കെ ഞാൻ മുമ്പിൽ ഒന്നതൊക്കെ വെറുതെയാണ് രാമകൃഷ്ണദേവന്റെ മുമ്പില് ആ കൽക്കട്ടിലെ ദക്ഷിണേശ്വരത്തിലെ ആലമരത്തിന് ചുവട്ടിൽ ഇരുന്നുവല്ലോ അതാണ് എന്റെ സ്വരൂപം നിങ്ങൾക്ക് പറഞ്ഞ് അദ്ദേഹം കത്തെഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ കത്തുകളാണ് അദ്ദേഹം തന്നെ പറയണ്ട് ഇതൊന്നും കാര്യമില്ല അതൊക്കെ ഒരു അവർ തന്നെ അവർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു സി ഒന്ന് നടന്നാൽ നടക്കുന്നതൊന്നും തെറ്റല്ല അത് നടക്കേണ്ടതാണ് അതുകൊണ്ടാണ് നടക്കുന്നത് ആ നടന്നു കഴിഞ്ഞിട്ട് അവസാനമാവുമ്പോ അവര് ജ്ഞാനികളായതുകൊണ്ട് അവർക്ക് അറിയണോ ഓ അത് കഴിഞ്ഞു ഒരു പ്രാരബ്ധണ്ടായിരുന്നു ഈ ഒരു കർമ്മം ചെയ്ത് തീർക്കേണ്ടി തീർന്നു അന്ന് പുറത്തുപോയി നമ്മൾക്കത് വലിയ കാര്യമായിരിക്കാം പക്ഷെ അവർക്കത് വലിയ കാര്യമൊന്നുമില്ല നമ്മൾക്ക് അവരെന്തൊക്കെ ഉപകാരം ചെയ്തു എന്നൊക്കെ നമ്മൾ ചിലപ്പോ പറയും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇത് ഒരു ഭ്രമാണ് കാരണം ഇവിടെ ഉപകാരോ ഉപദ്രവ ഒന്നുമില്ല ലോകത്തിന് എല്ല ഈ കടലിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വന്നിരിക്കണത് നമ്മൾ തത്വമറിഞ്ഞ് വിമുക്തരാവാൻ വേണ്ടി മാത്രമാണ് അത് ഒന്നും വേറെ ഒരു പണിയും നമുക്കിവിടെ ഇല്ല വേറെ ഒന്നും നമുക്കിവിടെ ഇല്ല നമ്മൾ അറിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സർവീസ് ദാറ്റ് യു ക്യാൻ ഡു നമ്മൾ ശാന്തരായാൽ നിങ്ങളുടെ ഒരു ദർശനം മതി നിങ്ങളുടെ ഒരു സാന്നിധ്യം മതി ലോകത്തിന് മംഗളം പിന്നെ ബാക്കി നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തനിയെ നടന്നോളൂ അതിന് ആർക്കാർക്ക് പ്രാരബ്ധുണ്ടോ അവരൊക്കെ വന്ന് ശേഖരിച്ച് ചെയ്തോളൂ അതൊക്കെ നടന്നോളൂ അതുകൊണ്ട് ഈ തത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം പരമഹംസന്മാരുടേതായ ഗതി അതിനാണപ്പോ നമ്മൾ വന്നത് പരമഹംസന്മാരുടെ ജ്ഞാനം അത് നമ്മളുടെ അകത്തുണ്ട് തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തി അവതി ജാഗരത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായി അവബോധം മാത്രമായി യാതൊന്നും പ്രകാശിക്കുന്നുണ്ടോ തത് ബ്രഹ്മ അതുതന്നെ ബ്രഹ്മം നിഷ്കലം അതിലെ ശരീരാദികലകളൊന്നുമില്ല നിഷ്കലം അഹം നിജ നജ ഭൂതസംഗ ഈ ശരീരാദി കൈകാല തലാ മുതലായ വസ്തുക്കളൊന്നും ഞാനല്ലാം പഞ്ചഭൂതങ്ങളൊന്നും ഞാനല്ലാം കേവല ചിന്മാത്രമായ വസ്തുവാണ് അടുത്ത ശ്ലോകം പ്രാതർഭമി മനസാ വചസം അഗമ്യം വാചോ വിഭാഗി നിഖി യദനുഗ്രഹേണ യം നേ അവോന് ം ദേവദേവം അജം അച്യുതം ആഹുരഗ്രം ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം പല പ്രാവശ്യം ചൊല്ലിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ പാടായിട്ടുണ്ടാവാം കുറച്ച് വയസ്സാവുമ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളിൽ ചിലപ്പോ പതിരാ എങ്കിലും ചൊല്ലാം പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം സച്ചിത്സുഖം പരമഹം സഗതിയം യുഷുപൈതി നിബ്രമനിഷ്കലം അഹം നോ ഭൂതസംഗർഭാമി മനസാ വചസമ്യം വാചോ വിഭാഗത്തിഖിളാദുഗ്രഹേണേതി നേതി വച്ചനൈ നിഗമാവോൻ തം ദ ജം അച്യുതം ആഹുരഗ്രിയം പുരാതർ ഭജാമി മനസ്സ രാവിലെ നേരത്തെ മനസ്സുകൊണ്ട് ഭജിക്കുന്നു പുറമേക്കുള്ള ഭജനമല്ല പുറമേക്ക് ഭജിക്കാൻ കുളിച്ച് കുറി തൊട്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി ഏർപ്പാടുകളൊക്കെ വേണമല്ലോ ഇവിടെ ഒന്നും തയ്യാറായിട്ടില്ല ഞാൻ കുളിച്ചിട്ട് പോലുമില്ല പല്ല് തച്ചിട്ട് പോലും ഇല്ല എഴുന്നേറ്റ് പായിലോ കിടക്കയിലോ കട്ടിലോ എവിടെയാ കിടക്കണന്ന് വെച്ചാൽ അവിടെ എഴുന്നേറ്റിരിക്കുന്നേറ്റിരിക്കാണ് എഴുന്നേറ്റിരുന്നത് ഫസ്റ്റ് ഓപ്പണിംഗ് ആണത് ആദ്യത്തെ കാര്യം ചെയ്യലാണ് അതുകൊണ്ട് തന്നെ മനസാ മനസ്സുകൊണ്ട് എഴുന്നേറ്റ് കുളിച്ച് ചിലർ മനസ്സുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിച്ചാണ് ചിന്മയാനന്ദ സ്വാമി ലാസ്റ്റ് ഡേയ്സ് വളരെ വയ്യാതെ കിടക്കുമ്പോ ഡോക്ടർ വളരെ അദ്ദേഹം അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു എക്സസൈസ് ചെയ്യണം നടക്കണം വാക്കിംഗ് പോകണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വയ്യ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഒരുപാട് പറഞ്ഞു ഡോക്ടർ ആമേ വേദാന്തി ഐ ക്യാൻ ഡൂ എക്സസൈസ് വിത്ത് ദ മൈൻഡ് മൈൻഡ് കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്തു അപ്പൊ മനസ്സുകൊണ്ട് സന്ധ്യാവന്തരം കഴിക്കാൻ നമ്മൾ സമ്പ്രദായമൊക്കെ ഉണ്ട് ചിലപ്പോ ട്രെയിനിൽ പോകുമ്പോ ബസ്സിൽ പോകുമ്പോ ഒക്കെ കയ്യിൽ ജലപാത്രം ഉണ്ടാവില്ല പുറത്തിരിക്കാൻ വയ്യ അപ്പൊ എന്ത് ചെയ്യാ മനസ്സുകൊണ്ട് സന്ധ്യാവന്തരം മനസ്സുകൊണ്ട് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ വേദമൊക്കെ മുസ്ലിമാണ് അല്ല അല്ല അല്ല അല്ല നിഗമാ നൈതൻ മനോവിശദിവാകുത ചുരാത്മാ പ്രാണേന്ദ്രിയുഷസ്വാഹ ശബ്ദോഭിബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാതൃത നിഷേധിക്കുകയാണ് അതത്യജന്തോ മൃഗയന്തി അതിന് തള്ളി തള്ളി തള്ളിക്കളഞ്ഞ് എന്ത് നിൽക്കണോ അതിനെ ബോധയന്തി പിന്നെ എന്തോ ഒക്കെ തള്ളിക്കളഞ്ഞ് എന്തോന്ന് നിൽക്കുന്നു അപ്പോഴാണ് ഇതൊക്കെ ഒരു ലബോറട്ടറി പോലെ നടക്കും നല്ല ഗുരു ശിഷ്യ ബന്ധത്തിൽ ശിഷ്യനും ഗുരുവും കൂടെ ഇരിക്കുമ്പോ നിഷേധിച്ച് നിഷേധിച്ച് എന്തോ ഒന്ന് മാത്രമായി ശിഷ്യൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അതെന്താണെന്ന് നിൽക്കുമ്പോഴാണ് ഗുരു പറയണത് കുട്ടി തത്വമസി നീ അതാണ് എന്തോ ഒന്ന് നിൽക്കുന്നുണ്ടല്ലോ അതിനെ തള്ളാൻ വയ്യല്ലോ തള്ളാൻ കൊള്ളാതെ നിൽക്കുന്നുണ്ടല്ലോ കുട്ടി നീ അതാണ് സത്രാത്മത്വം ദൃഢീകുറുവൻ അതാണ് നീ എന്ന് അഭിമാനിക്കൂ എന്നാണ് ഇപ്പോ ശരീരാദികളാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ അഹങ്കാരമാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ ബുദ്ധിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ അഹങ്കർത്തര്യ അസ്മിന് മതി മുഞ്ച സഹസ ഈ അഹങ്കാരത്തില് ഞാനാണെന്നുള്ള ഈ അഭിമാനത്തിനെ വിടൂ അങ്ങനെ തള്ളി തള്ളിപ്പോയി അവസാന സാക്ഷി മാത്രമായി ഏതൊന്ന് നിൽക്കുന്നുണ്ടോ അതിനെ than enn ariyu that is you that is your real nature deep sleep ilum edonundo that is you adine conscious aayite aa deep sleep state laulla enik arinjillaya nu paranjallo adu poi or alertness odude astithva mathramaya or state annu bhavana chey noku you are conscious but you are in deep sleep That means there is no body, no mind, no intellect, no ego, no world. And existence shines forth profoundly. And you are alert. That means Samadhi. I am going to be alert. അസ്തിത്വം മാത്രണ്ട് സത്താ മാത്ര ശരീരം അതെ ഗോവിന്ദാഷ്ടകത്തിൽ ആ സത്താ മാത്രണ്ട് എക്സിസ്റ്റൻസ് ഉണർവ് ബോധണ്ട് ആ ബോധം മാത്രം ഉള്ളപ്പോഴാണ് ഇതെന്ത് എന്ന് പറഞ്ഞ ഒരു ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ഗുരു പറയണു അത് നീ മധു മധുരകവി ആഴ്വാർ നമ്മൾവാറോട് ചോദിച്ചത് അതാണ് എത്തൈ തിൻ്റെ എങ്കേ കിടക്കും അത്തൈ തിൻറ് അങ്ങേ കിടക്കും അതിനെ തന്നെ അനുഭവിച്ച് തന്നെ കിടക്കും അതായിട്ട് തന്നെ ഇരിക്കുന്നത് സോ നിഷേധമാണ് നേത്തി നേത്തി വചനൈഹി വേദം ഇതല്ല ഇതല്ല ഇതല്ല ഇതല്ല തള്ളിക്കളയ നിഗമാ അവോച്ച വേദം പറഞ്ഞു ആ വേദം തള്ളിക്കളഞ്ഞ് തം ദേവദേവം അജം അച്യുതം അവിടെ ഉള്ളതാരാ അജം അതിന് ജനനമില്ല അതിന് ജനിക്കാൻ പറ്റില്ലല്ലോ എക്സിസ്റ്റൻസ് ഇരുപ്പിന് ജനിക്കാൻ പറ്റുമോ ശരിക്കും ജനനം എന്ന് പറഞ്ഞാൽ തന്നെ കള്ളമാണ് കാരണം ഇല്ലാത്തതല്ലേ എപ്പോഴെങ്കിലും ഉണ്ടാവാൻ പറ്റുമോ ഉള്ളത് എപ്പോഴും ഉണ്മ്മയ്ക്ക് ഉണ്മയ്ക്കൊരു ജനനമേ സാധ്യമല്ലോ ആ നിയമമാണ് ഭഗവാൻ പറയുന്നത് ആസതോ വിദ്യത്തെ ഭാവഭാവോ വിദ്യത്തെ സതഹ സത്ത് ഒരിക്കലും ഇല്ലാതാവാനേ പറ്റില്ല അതുകൊണ്ട് അതിന് ജനനം മരണം സാധ്യമല്ല അതെപ്പോഴും ഉണ്ട് അപ്പൊ നമ്മളുടെയും അടിയിൽ പോയി നമ്മളുടെയും ഉള്ളിൽ പോയി നമ്മളുടെയും ഉണർവിനെ സ്പർശിക്കുമ്പോ അത് അജം അച്യുതം അച്യുതി അതിൽ മേലെ പോവാ ചുവട്ടിൽ വരാ ചേഞ്ചസ് ഒന്നുമില്ല അച്യുതം ആഹു അഗ്രിയം അഗ്രിയം എന്ന് വെച്ചാൽ പ്രഥമം പ്രിമാർഡിയൽ സ്റ്റഫ് അത് എപ്പോഴും ഉള്ളതാണ് അത് ആദിയിലുണ്ടായതാണ് അഹമേവാസമേവ അഗ്രേ നാന്യദ്യ സതസത് പരം പശ്ചാത് അഹം യഥേതച്ഛ യോ വശിഷ്യേതോസ്മ്യം അഗ്രേ പശ്ചാത് അവശിഷ്യേത് എപ്പോഴും ഉള്ളത് എന്താണ് അജമചുതമാഹുരഗ്രിയം അജനമില്ലാത്ത മരണമില്ലാത്ത അച്യുതൻ ഭഗവാൻ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ബുദ്ധിക്കു പോലും അപ്പുറം യോ ബുദ്ധേഹേ പരതസ്തു സഹ ബുദ്ധിക്കും അപ്പുറം ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാദി അവസ്ഥകൾക്ക് സാക്ഷി മാത്രമായി ചൈതന്യമാത്രമായി ോധമാത്രമായി സച്ചിത്സുഖം പരമഹംസഗതിം തുര്യം യത് സ്വപ്ന ജാഗര സുഷുപ്തി അവൈതി നിത്യം തദ്കളമഹം ചൂതി എല്ലാത്തിനെയും അറിയണം അറിഞ്ഞുകൊണ്ട് ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഉള്ളിൽ അതാണ് അതിനെ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പിടിക്കാൻ പറ്റില്ല പക്ഷേ ദറ്റ് ഇസ് മോർ ഡയറക്ട് ദൻ സെൻസറിവ് പെർസെപ്ഷൻ െ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണത് എങ്ങനെ ഡയറക്റ്റ് ആവും അണ്ണുണ്ട് കാണാതാവുമ്പോ എന്തൊക്കെയോ കാണണില്ലേ നമ്മൾ അല്ലെ ആരാ വന്നിരിക്കണമെന്ന് അറിയില്ല ആരോ കണ്ട ആരോ ആണെന്ന് പറയണു ബുദ്ധിക്ക് ഇത്തിരി ഭ്രമം വന്നാൽ വരുന്ന ആളുകളൊക്കെ മാറിപ്പോണു നമുക്ക് അവനവനെ കുറിച്ച് തന്നെ ആളുകൾക്ക് മാറിപ്പോണു അപ്പൊ നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ തന്നെ ഒരു ഭ്രമമാണ് അല്ലെങ്കി മാറുവോ ചിലപ്പോൾ ചിലർക്ക് അവരവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോണ്ടല്ലോ ഭ്രാന്ത് പിടിച്ചാൽ എന്തോ ആണെന്നൊക്കെ പറയണ്ടല്ലോ പകുതി ആളുകളും അങ്ങനെയാണ് നമ്മൾ എന്തോ ആണെന്നാണ് വിചാരിക്കണം അപ്പോ ഇതൊക്കെ തന്നെ വെളിയിലുള്ളതാണ് ഇതിനെയൊക്കെ കാളും ഡയറക്റ്റാണ് പ്രത്യക്ഷമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നുവെച്ചാൽ അക്ഷം ഇന്ദ്രിയങ്ങളാണേ ഈ പുറമേക്കുള്ളത് പ്രത്യക്ഷമല്ല ഇതാണ് അക്ഷം പ്രതി നിൽക്കുന്നത് പ്രത്യേകമായിട്ട് അക്ഷത്തിന് പ്രത്യേകമായിട്ട് നിൽക്കുന്നത് ഇതാണ് ബാക്കിയൊക്കെ പരാഞ്ചിഖാനിയാണ് പരാങ്ങാണ് ഈ ആത്മാവാണ് അക്ഷങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് പ്രത്യക്ഷം എന്ന് പറയേണ്ടത് ഇന്ദ്രിയങ്ങളൊക്കെ അതിനെയാണ് പോയി ആശ്രയിക്കുന്നത് അതുള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മളുടെ സെന്റം അതിലാണ് മനസ്സ് ഉദിക്കുന്നത് അഗ്നിയിൽ നിന്നും സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്ന പോലെ അതിൽ നിന്നും തോട്ട്സ് സെൻസസ് ബോഡി വേൾഡ് എവ്രിഥിങ് യഥാ സുദീപ് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന് സരൂപ തരാത് സൗമ്യഭാവാ പ്രയേ തത്രയ ശ്രുതി പറയണത് നല്ലവണ്ണം ജോലിക്കുന്ന അഗ്നിയിൽ നിന്നും യഥാസുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശഹപ്രഭവന്റെ ആയിരക്കണക്കിന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്നത് പോലെ അക്ഷരാത് എന്ന് വെച്ചാൽ അഴിവില്ലാത്തതായ നാശമില്ലാത്തതായ ആ ബോധത്തിൽ നിന്നും സൗമ്യ ഹേ കുഞ്ഞെ അനേകം ഭാവങ്ങൾ ഉണ്ടാവുന്നതാണ് ഭാവാഹാപ്രചായത്തെ എല്ലാ ഭാവങ്ങളും അവിടെയാണല്ലോ ഉണ്ടാവുന്നത് ഉള്ളിലാണ് എല്ലാ ഭാവങ്ങളും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കഴിയുമ്പോ വിൽ ഡെവലപ്പ് എ ന്യൂ പ്രൊഫൗണ്ട് ലാംഗ്വേജ് തമിഴോ മലയാളമോ ഇംഗ്ലീഷോ സംസ്കൃതമോ ഒന്നുമല്ലാത്ത ഒരു ഭാഷ നമ്മൾ പഠിക്കും ആ ഭാഷ കൊണ്ടുവേണം അന്തര്യാമിയുമായിട്ടൊരു കമ്മ്യൂണിയൻ നടത്താൻ ആ ഭാഷ കുമാരനാശം പറഞ്ഞു വാസ്തവത്തിലുള്ള ആശയങ്ങളെ വിനിമയം ചെയ്യാനുള്ള ഭാഷ മനുഷ്യന്റെ കയ്യിലില്ല എന്നാണ് ഭാഷകളൊക്കെ തന്നെ മറയ്ക്കാനേ കൊള്ളുന്നുള്ളൂ എന്നാണ് ഇതങ്ങനെയുള്ള ഭാഷയല്ല ഇത് എക്സ്പ്രഷൻ പുറമേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഭാഷയല്ല അകമേക്ക് അന്തര്യാമിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹാശക്തിയുണ്ട് ഒരു പൂർണ്ണ വസ്തുണ്ട് ആ പൂർണ്ണവസ്തു എപ്പോഴും ചിത്തവൃത്തികളുടെ രൂപത്തിലും അഭിമാനത്തിന്റെ രൂപത്തിലും അനേക സ്പന്ദനങ്ങളെ ഉള്ളിൽ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ബുദ്ധി പുറമേക്കായതുകൊണ്ട് പുറമേ ഉള്ള പല വസ്തുക്കളും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള ഈ നിത്യനിരന്തര ഭഗവത്ഗീത കേൾക്കാൻ വയ്യ ഇതാണ് ഭഗവത്ഗീത അതിന് ആ അന്തര്യാമിയുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വയ്യ ആ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോഴാണ് അറിയണത് ശരിയായ ഭാഷ നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ച ഭാഷകളൊക്കെ പുറമേക്കുള്ള ശബ്ദങ്ങൾ മാത്രമാണ് തുരീയം വാച മനുഷ്യാവതന്തി വാക്കിന്റെ സ്ഥൂലമായ ശബ്ദം മാത്രമാണ് മനുഷ്യർ പറയണത് എന്നാണ് താനി വിതുർബ്രാഹ്മണായേ മനീഷണ വേദം പറയണത് നാലു പാദങ്ങളും അറിയുന്ന ഭാഷ ബ്രാഹ്മണനെ അറിയുള്ളൂ എന്നാണ് വെച്ചാൽ ബ്രാഹ്മണെന്ന് വെച്ചാൽ ജ്ഞാനിക്ക് നാലു പാദങ്ങളും വാക്കിന്റെ ഫോർത്ത് ഡയമെൻഷൻ വരെ പോണത് പരാ പ്രത്യക്ഷിതീ രൂപാം പശ്യന്തീ പരദേവത മധ്യമാ വൈഖരീ രൂപ മുനിമാനസ ഹംസിക വാക്കിന്റെ നാല് മണ്ഡലങ്ങളെയും സ്പർശിക്കുക വാക്ക് എന്ന് പറയുന്ന പുറമേയുള്ള ശബ്ദം അത് ഇറ്റ് ഇസ് ഇന്റേർണലൈസ്ഡ് അത് ചിത്തവൃത്തികളാവുന്നു ആശയമാവുന്നു ചിത്തവൃത്തികളാവുന്നു ചിത്തവൃത്തികളുടെ മൂലസ്പന്ദനമാവുന്നു അവസാനം നിശ്ചലമാവുന്നു ആ നിശ്ചലതത്വത്തിനോട് വിനിമയം ചെയ്യാനുള്ള ഒരു അന്തർമുഖമായ ഒരു ചിപ്രസരം അതിനെയാണ് നിധിധ്യാസനം എന്ന് പറയണത് ആത്മാവിന്റെ അടുത്തൊരു സംവാദം നടത്തലാണ് നിധിധ്യാസനം ആര് സംവദിക്കണോ സംവദിക്കുന്നവനും സംവദിക്കപ്പെടുന്ന വസ്തുക്കൾ ഒന്ന് ആ അകമേയുള്ള അനുസന്ധാനം നിതിധ്യാസനം അതാണ് ഇവിടെ പറഞ്ഞത് എന്നേതി നേതി വചനൈഹി നിഗമാ അവോചൻ വാചോ വിഭന്തി നിഖിലായതനുഗ്രഹേണ ബാഹ്യ ശബ്ദങ്ങളൊക്കെ അവിടെ പോകുമ്പോ ഇല്ലാതായിട്ട് പോവും അതിന്റെ അനുഗ്രഹം കൊണ്ട് അതിന്റെ ശക്തി കൊണ്ട് അതിന്റെ കൃപ കൊണ്ട് അതിന്റെ ഊർജം കൊണ്ടാണ് പുറമേക്ക് ഇന്ദ്രിയങ്ങളും വാക്കുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് തം ദേവദേവം അജം അച്യുതമാഹുരഗ്രിയം ആ അജം അച്യുതം ആ അച്യുതൻ ആ ഭഗവാനാണ് അഗ്രിയൻ എന്നാണ് ആ ഭഗവാനെ കൊണ്ടാണ് പ്രപഞ്ചം അറിയണത് ആ ഭഗവാനെ മറ്റു വസ്തുക്കളൊക്കെ പ്രവർത്തിക്കുന്നത് എല്ലാത്തിനും മൂലവസ്തു ഇവിടെ സത്യസ്യ സത്യം എന്ന് ഉപനിഷത്വ് പറഞ്ഞു ഭാഗവതത്തിലുണ്ടത് സത്യസ്യ സത്യം എന്നുവെച്ചാൽ പുറമേ കാണുന്ന എല്ലാത്തിനും സത്യത്വം കൊടുക്കണ സത്യം അതാണ് അതുകൊണ്ടാണ് അതിനെ അഗ്രിയം എന്ന് പറഞ്ഞത് അതുള്ളതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ അറിയപ്പെടുന്നത് അതുള്ളതുകൊണ്ടാണ് എല്ലാത്തിനും ഇരുപ്പുള്ളത് എല്ലാത്തിന്റെയും സെന്റർ ഇവിടെ ഉണ്ട് അപ്പോ ആത്മവിചാരം ചെയ്താൽ ഞാൻ ആര് സ്വരൂപം എന്താണെന്ന് അന്വേഷിക്കുമ്പോ അല്ലെങ്കിൽ ഭഗവന്നാമൻ ജപിക്കുമ്പോ ുള്ളിലെങ്ങനെ ശ്രദ്ധിക്കുമ്പോ മനസ്സ് ഹൃദയത്തിൽ ഉദിക്കുന്നതും അടങ്ങുന്നതും കാണാം ചിത്രവൃത്തികൾ ഉദിക്കുകയും അടങ്ങുകയും കാണാം അത് എവിടെ ചെന്ന് അടങ്ങുന്നു എവിടെ ചെന്ന് വിലയം പ്രാപിക്കുന്നു ആ സെന്ററാണ് ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയം അല്ലാതെ അത് എന്ന് കാണിക്കാൻ പറ്റില്ല ബ്ലഡ് പമ്പിംഗ് ഹാർട്ട് അല്ല തെറ്റായി ഉപയോഗിച്ചതാണ് ആ വാക്ക് ഹൃദയം ഹാർട്ട് എന്നുള്ള വാക്ക് ഹാർദം എന്നുള്ള വാക്കിനെ രക്തചംക്രമണം ചെയ്യുന്ന ഹൃദയത്തിന് ഉപയോഗിച്ചത് തെറ്റി പ്രയോഗിച്ചതാണ് അതിന് വേറെ എന്തെങ്കിലും പേര് വെക്കേണ്ടതായിരുന്നു പക്ഷേ പ്രയോഗമൊക്കെ തെറ്റിപ്പോയതാണ് നമുക്ക് പലപ്പോഴും ഭാഷയിൽ അങ്ങനെ പ്രയോഗങ്ങൾ തെറ്റിപ്പോകാറുണ്ട് ഹൃദയമെന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളുടെ ഉറവിടമെന്നർത്ഥം അവിടുന്നാണ് പ്രാണനും ഉദിക്കണത് അവിടുന്നാണ് അഹംവൃത്തിയും ഉദിക്കണത് ഞാനെന്നുള്ള വികാരം ഐ അപ്പോ ആ ഹൃദയസ്ഥാനത്തിന് രണ്ടുവിധത്തില് സമീപിക്കാം ഒന്ന് നേത്തി നേത്തിവച്ചനേഹി ഇതൊന്നുമല്ല ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഇന്ദ്രിയങ്ങളല്ല ചിത്തവൃത്തികളൊക്കെ വരുമ്പോ ഇതൊന്നുമല്ല എന്ന് തള്ളി തള്ളി തള്ളിപ്പോകുമ്പോ തള്ളാൻ കഴിയാതെ ഒന്ന് പ്രകാശിക്കാം ഈ തള്ളിക്കളയണതാണ് മനനം എന്ന് പറയുന്നത് ഇതല്ല ഇതല്ല ഞാൻ എന്നുള്ള അനുഭവം ശരീരത്തിന്റേതല്ല ഇതാണ് ആദ്യത്തെ മനനം നമുക്ക് ഞാൻ എന്നൊരു അനുഭവമുണ്ട് ഈ അനുഭവം ദേഹത്തിന്റെ ഉള്ളിൽ എന്ന പോലെ തോന്നുന്നു ഇത് ദേഹത്തിന്റെ അല്ല ദാസ് നത്തിംഗ് ടു ഡൂ വിത്ത് ദ ബോഡി ശരീരത്തിൽ ഏത് പാർട്ട് മാറ്റിയാലും ഈ അനുഭവം കേടുപാടുകൂടാതെ നിൽക്കുന്നുണ്ട് അതിൽ ഡിവിഷൻ ഇല്ല കയ്യേകാലൊക്കെ പോയാലും ഞാൻ അതേപോലെ ഉണ്ട് ലിവർ കിഡ്നി ഹാർട്ട് ഒക്കെ മാറ്റിവെക്കാം ഞാൻ അതേപോലെ ഉണ്ട് അപ്പൊ ഈ അനുഭവത്തിന് ശരീര സമ്പർക്കമില്ല എന്ന് തന്നെ തീരുമാനിക്കാം ഇതാണ് മനനത്തിന്റെ ആദ്യപടി അപ്പൊ ഈ അനുഭവം ഒരു മിസ്ട്രിയാണ് അത് കണ്ടിട്ടാണ് യോഗികൾ ആദ്യം മനസ്സിലാക്കിയത് നിർവ്വാണം സാധ്യമാണെന്നാണ് എന്താന്ന് വെച്ചാൽ ഇത് ശരീരവുമായി സമ്പർക്കമില്ലാതിരിക്കണമെങ്കിൽ ശരീരത്തിന്റെ കേടുപാടുകൾ എന്നെ ബാധിക്കാതെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇന്റിമേഷൻ ഉണ്ട് അപ്പോ അതിനെ തുടർന്ന് ശ്രദ്ധിച്ചു തുടങ്ങുകയാണ് അതൊക്കെ ആന്തരികമായി ആ ചൈതന്യത്തിന്റെ ആത്മാവിന്റെ ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെ ആത്മവിചാരമെന്നുള്ള ഒരു പ്രക്രിയ ഉള്ളില് ആക്ടിവേറ്റഡ് ആവുകയാണ് നമ്മൾ വിചാരിക്കണം നമ്മൾ ധ്യാനിക്കുകയാണ് നമ്മൾ നമ്മൾ നിരവ്യാസനം ചെയ്യാണ് അത് കുറേ കഴിയുമ്പോഴാണ് അറിയ ആ സമയമാവുമ്പോ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് അപ്പോ അതും ഉള്ളിലെ അന്തര്യാമിയായ യമേ വൈഷ വൃണുതേതേന ലഭ്യഹ ഉള്ളിലിരുന്ന് വരിക്കുകയാണ് ഉള്ളിലിരുന്ന് അത് ഇളക്കിവിടുകയാണ് ഉള്ളിലിരുന്ന് നമ്മൾക്ക് സ്വയം തന്നെ തന്നെ പ്രകാശിപ്പിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലായി തുടങ്ങുന്നതും വിചാരം ചെയ്തു തുടങ്ങുന്നതും ശ്രദ്ധിച്ചു തുടങ്ങുന്നതുമൊക്കെ അപ്പം നമ്മള് ഈ അനുഭവത്തിനെ ശ്രദ്ധിക്കണം ഈ അനുഭവത്തിൻ്റെ മാസ്മരികത നമ്മളെ പതുക്കെ പതുക്കെ പതുക്കെ തൻവശപ്പെടുത്തും തന്നോട് വശീകരിക്കും ഈ അകമയുള്ള ഈ അന്തര്യാമിയെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു വിദ്യ നമ്മളുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ വിരിഞ്ഞു വരും പുതിയൊരു ഡയമെൻഷൻ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കണ്ടു തുടങ്ങുകയാണ് അതാണ് തുരീയമെന്ന് പറയുന്നത് ശരീരമോ മനസ്സോ അജ്ഞാനമോ ഒന്നുമല്ലാത്ത ഒരു ഡയമെൻഷൻ പ്രകാശമാനമായ ഒരു മണ്ഡലത്തിനെ അകമേ കണ്ടു തുടങ്ങുകയാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ അർക്കവർണം പരമർക്കവർണ്ണം സൂര്യതുല്യം പ്രകാശിക്കുന്ന സൂര്യനെങ്ങനെ പകൽ കാണാൻ നമുക്ക് വേറെ ഒന്നും വേണ്ടയോ അതുപോലെ ഉള്ളിലെ സുസ്പഷ്ടമായ ഒരു പ്രകാശം ഇത്തരകാലം ഇതെങ്ങനെ കണ്ടില്ലെന്ന് നമ്മൾ ആശ്ചര്യപ്പെടും അതാണ് പതഞ്ജലി പറഞ്ഞത് പ്രകാശാവരണക്ഷയ എന്താ യോഗിക്ക് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രകാശമുണ്ട് പക്ഷേ പ്രകാശത്തിനെ മറച്ചിരിക്കുന്ന ആവരണം ഉണ്ടല്ലോ ആ ആവരണം അങ്ങോട്ട് വീണുപോയി എന്നാണ് പ്രകാശ ആവരണ ക്ഷയ പ്രകാശ ആവരണം ക്ഷയിച്ചപ്പോ പ്രകാശം വിഘ്നമില്ലാതെ ആ ജ്യോതി ജ്വലിക്കാൽ അപരോക്ഷമായിട്ട് ഇടതടവില്ലാത്ത ആത്മാനുഭവം ഇടതടവില്ലാത്ത ബോധസ്ഫൂർത്തി ഇടതടവില്ലാത്ത നിർവികൽപ്പജ്ഞാം ശാന്തി ശിവം ഇടവരു ഇടവരുമ്പോ വിചിത്തി വരുമ്പോ അച്യുതി ഉണ്ട് ആ വിഛിത്തി ഇല്ലാത്തതുകൊണ്ടാണ് അച്യുതം എന്ന് പറഞ്ഞു ദേവദേവം എന്ന് പറഞ്ഞു ദേവൻ എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നവനർത്ഥം എല്ലാ പ്രകാശിക്കുന്ന വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവനായതുകൊണ്ട് ദേവദേവം ഈ ദേവനെ അകമേ കാണാതെ നിങ്ങൾ എന്തൊക്കെ നേടിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ ശ്രുതി പറയേണ്ടത് തോൽപ്പായ ചുരുട്ടണ പോലെ ലോകത്തിനെ ചുരുട്ടി കക്ഷത്തില് വെച്ചാൽ പോലും ഈ ദേവനെ കാണാതെ സമാധാനം ഉണ്ടാവില്ല എന്നാണ് യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ ആകാശത്തിനെ തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടുക എന്നുള്ളൊരു സാമർത്ഥ്യം നിനക്ക് ഉണ്ടാക്കിയെടുത്തോളൂ എന്നാലും ഒന്നും കാര്യമില്ല എന്നാണ് സദാ ദൈവമവിജ്ഞായ ദുഃഖ അന്തോ ഭവിഷ്യത്തിൽ നമുക്കിത് കാണാം ലോകത്തിലെ മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ള കെങ്കേമ്മമാര് സമാധാനമില്ല ശാന്തിയില്ല മഹാമഹാസിദ്ധന്മാര് ശരീരത്തിനെ പലതാക്കാൻ ശക്തിയുള്ളവര് ബ്രഹ്മാതി ലോകപര്യന്തം പോകാൻ കഴിയുന്നവർക്ക് പോലും ഈ ജ്ഞാനമില്ലാതെ ശാന്തി ഉണ്ടാവില്ല എന്നാണ് ശ്രുതി പരണക്കൽ എന്നെച്ചാൽ എനി കൈൻഡ് ഓഫ് അച്ചീവ്മെന്റ് അറ്റൈൻമെന്റ് ഫാക്കൾട്ടി വിൽ നോട്ട് ഗിവ് യു ഫുൾഫിൽമെന്റ് പുറമേക്ക് എന്തൊക്കെയോ ആവാം പവർ പവർ ഡിസ്പ്ലേ ഇന്ന് ഏറ്റവും അധികം നമ്മൾ ആശിക്കുന്നത് അതാണ് നമ്മൾക്ക് എന്ത് ഉണ്ടോ ഇല്ലയോ പുറമേക്ക് വി ഹാവ് ടു ഡിസ്പ്ലേ പവർ മറ്റുള്ളവരെ ബോധിപ്പിക്കാം എന്നാൽ അത് എനിക്ക് സമാധാനം ഉണ്ടാവുമോ ശാന്തി ഉണ്ടാവും ലോകത്തിനെ മുഴുവൻ കിടുകിട വർപ്പിച്ചാലും എനിക്ക് സമാധാനമില്ലെങ്കിൽ എന്താർത്ഥം തതയ്ക്കും തതയ്ക്കും തതയ്ക്കും തതയ്ക്കും നമ്മളുടെ സിംപിളാണ് കാര്യം നമ്മളുടെ ചെറിയ ജീവിതം അതാണ് ഈ പ്രാതസ്മരണ സ്തോത്രം എടുത്തത് രാവിലെ എണീറ്റ് ഉറങ്ങി എണീറ്റിട്ട് ഇരുന്ന് ചൊല്ലേണ്ട ശ്ലോകം എന്ന് വെച്ചാൽ അതൊക്കെയാണ് പ്രധാനം നിങ്ങൾ വലിയ വലിയ കാര്യം ചെയ്യുന്നതാണ് പ്രധാനമെന്ന് ധരിച്ചിരിക്കുന്നു വലിയ വലിയ കാര്യത്തിൽ ഒന്നുമില്ല ഒരു ചുക്കുമില്ല ചെറിയ ചെറിയ കാര്യത്തിലാണ് ജീവിതമുള്ളത് നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുട്ടികളെ നോക്കുക നിങ്ങൾ ലോകമംഗളം ചെയ്യാൻ ലോക സർവീസ് ചെയ്യാനൊക്കെ അതിന് അടുത്ത സ്റ്റെപ്പ് ചെയ്തോളൂ ആദ്യം അവിടെ ശരിയാക്കുകത്ര അവിടെ നിന്ന് തൊട്ട് സമാധാനവും ശാന്തി ആനന്ദവും ഒക്കെ തുടങ്ങട്ടെ ചെറിയ ചെറിയ കാര്യം നോക്കിയാൽ മതി വലിയ വലിയ കാര്യത്തിൽ ഒരു ചുക്കൂല്ല അത് വെറുതെ ഒരു തോന്നലാണ് എന്തോ വലുതായിട്ട് ഞാൻ ലോകത്തിനെ എടുത്തിട്ടിട്ട് മറിക്കാൻ പോണു ഈ ലോകം അങ്ങനെ എടുത്തിട്ടിട്ട് മറിക്കാവുന്ന ഒരു സാധനമൊന്നുമല്ല ഇവിടെ ഒന്നും ചെയ്യാനല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വലിപ്പം ഉള്ളത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് നമ്മളുടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആനന്ദത്തിന്റെയും ബീജം കിടക്കുന്നത് അതുകൊണ്ട് വലുത് വലുതൊന്നും ചെയ്യാനില്ല ആകാശത്തിനെ തോലുപായ ചുരുട്ടണ ചുരുട്ടാനൊന്നുമില്ല വലുതായ സാമർത്ഥ്യങ്ങൾ നേടിയെടുക്കാനൊന്നുമില്ല സമാധാനം മതി ശാന്തി മതി സന്തോഷം മതി ബാക്കിയൊക്കെ സിദ്ധിയാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത നമ്മൾ വലതൊക്കെ ചെയ്യും അതൊരു സിദ്ധിയാണ് അതുകൊണ്ട് ലോകത്തിനെ ഭ്രമിപ്പിക്കാമെന്നല്ലാതെ എനിക്കൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല ഒരു ഉദാഹരണം വരണ്ട ഇപ്പൊ ഒരു ലക്ഷം പേര് എന്റെ മുമ്പിലിരുന്ന് പ്രഭാഷണം കേൾക്കുകയാണ് അവരൊക്കെ പറയുന്നു ഇതുപോലെയൊന്നും ഞങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിപ്പോ എനിക്കെന്ത് കാര്യം എനിക്കത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് വയറുവേദന വന്നാലും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കുടുംബ പ്രശ്നം കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിനെ അലർട്ടുകയാണെങ്കിൽ ഈ ഒരു ലക്ഷം പേര് നിങ്ങൾ സാക്ഷാത് നാരായണനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല ആ അപ്പൊ ആദ്യം ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണം സമാധാനം ഇവിടെ ഉണ്ടാവണം അല്ലെ അത് കഴിഞ്ഞിട്ട് ഒരു ലക്ഷമോ പത്തു പേരോ അഞ്ചു പേരോ രണ്ടു പേരോ ഒരാളോ ലോകം മുഴുവനും ഒക്കെ സമാണ് നമ്മളുടെ കയ്യില് നമുക്ക് ആകെപ്പാട് ഉള്ള ഡെപ്പോസിറ്റ് നമ്മളുടെ അനുഭവ മണ്ഡലം മാത്രമാണ് അതുകൊണ്ട് വേണം നമ്മൾ വ്യാപാരം നടത്താൻ അതുകൊണ്ട് വേണം എന്റെ അധ്യാത്മ ജീവിതത്തിന് ശരി ചെയ്യാനായിട്ട് ചെറിയ ജീവിതം നമ്മളുടെ കൊച്ചു ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂടെ മറ്റൊരു മനുഷ്യ കുഞ്ഞുവിടെയില്ല ആരും ജനിച്ചിട്ടേ ഇല്ല അവിടെ ആരും ജനിക്കാനും പോണില്ല അതിനാണ് വിവിക്ത വസനം എന്ന് പറയണത് ഏകാന്തം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആദിമ്യ ജനോ യസ്മിൻ ന വിദ്യത്തെ ആചാര്യസ്വാമികൾ ഏകാന്തം എന്നുള്ളതിന് ഡെഫനിഷൻ കൊടുക്കുന്നത് അതാണ് പഴയകാലത്ത് ഇവിടെ ഒന്നും ജനങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പൊ ജനങ്ങൾ ആരുമില്ല ഇനി ഫ്യൂച്ചറിൽ ഇവിടെ ആരും ജനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് ഏകാന്തം എന്ന് അങ്ങനെ ഒരു സ്ഥലമേ ഉള്ളൂ അകമേക്കുള്ള ചിത്രം അവിടെ അന്തമാണ് ഏകത്തിൻകത്തിൻ് അവസാനിക്കുക വിശ്രാന്തിയാണ് വിശ്രമമാണ് ആ വിശ്രാന്തിക്കാണ് നമ്മൾ അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നത് ലോകത്തിലെവിടെയും വിശ്രാന്തിയില്ല രാമകൃഷ്ണ പരമവംശർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു കാക്ക കപ്പലിന്റെ മേലെ ഇരുന്ന് ഉറങ്ങി കപ്പല് കുറെ നടുക്കടലിൽ പോയപ്പോ കാക്കയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പറക്കണം കരയ്ക്ക് പോകണം തോന്നി കിഴക്കോട്ട് കുറെ ദൂരം പറന്ന് നോക്കി കുറെ കഴിഞ്ഞപ്പോ ചിറക് കഴിഞ്ഞപ്പോ തിരിച്ച് കപ്പലിൽ വന്നിരുന്നു വടക്കോട്ട് കുറച്ച് പറഞ്ഞു ചിറക് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിരുന്നു പടിഞ്ഞാട്ട് കുറച്ചു പോയി തിരിച്ചു വന്നിരുന്നു ഇങ്ങനെ നാല് ദിക്കുകളിലേക്കും പറഞ്ഞ് അവസാനം കാക്ക തീരുമാനിച്ചു അടുത്തൊന്നും ഇപ്പൊ കര കാണില്ല കപ്പല് തന്നെയാ നല്ലതെന്ന് ഒന്ന് കപ്പലിലിരുന്നു അത്രേ അതുപോലെ നമ്മളുടെ ചിത്രവും പുറത്ത് പലതിലും അന്വേഷിച്ച് അവസാനം പുറമേക്കൊന്നുമില്ല ഒന്നും നേടിയെടുക്കാനില്ല ഒന്നും കണ്ട് ഭ്രമിക്കാനില്ല ഒന്നും ആയിത്തീരാനില്ല ഒന്നും ആവാൻ സാധ്യമല്ല ഒന്നും മറ്റൊന്നായി മാറാൻ പറ്റില്ല ഉള്ള വസ്തുവിനെ പരമവിശ്രാന്തിയോടുകൂടെ അതില് വിശ്രാന്തിമാസാദ്യ തുരീയ തൽപേ വിശ്വാദ്യവസ്ഥാത്രിതയോപരിസ്ഥെ എന്ന് യോഗധാരാവലി ആചാര്യസ്വാമികളുടെ ഒരു കൃതിയാണെന്നാണ് പറഞ്ഞത് വിശ്രാന്തിമാസാദ്യ തുരീയ തൽപ്പേ ഒരു കട്ടിൽ ഉണ്ടാക്കിയ തറിയാം എന്താ കട്ടിൽ എന്ന് വെച്ചാൽ തുരീയം എന്നുള്ള കട്ടിൽ ആ കട്ടിലാണ് വിശ്രാന്തി വിശ്രാന്തിമാസാദ്യ തുരീയ തൽപേ വിശ്വാദ്യവസ്ഥാ ത്രിതയോപരിസ്ഥയും നിദ്രാംസഖ നിർവിശ നിർവികൽപ്പം എന്റെ സുഹൃത്തെ എന്ത് നിദ്രയിലേക്കാണ് നീ പോവേണ്ടത് ഒരു വികൽപ്പവുമില്ലാത്ത നിദ്രാംസഖേ നിർവിശ നിർവികൽപ്പം നണം നിർവികൽപ്പമായ നിദ്ര നിർവികൽപ്പമായ നിദ്രയിലേക്ക് പ്രവേശിക്കൂ എന്റെ കൂട്ടുകാര മറ്റില്ലേ മനസ്സിനെ ചഞ്ചലപ്പെടുത്തരുത് ശാന്തമാക്കൂ നിർമ്മലമാക്കൂ പ്രസന്നമായിട്ടിരിക്കൂ ശാന്തിയോടെ ഇരിക്കൂ അങ്ങനെ പ്രഭാത അനുസന്ധാനമാണ് നാളെ ബാക്കി കാണാം